നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കഴിയുക ആദ്യകാല ജാഹിലീയകാലത്തെപ്പോലെ നിങ്ങൾ അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കരുത് നമസ്കാരം നിലനിർത്തുക ജഖാത്ത് നൽകുക അള്ളാഹു സുബഹാനഹൂവത്ത ആലക്കും അവൻറെ ദൂതനുമനുസരിക്കുക കുടുംബാംഗങ്ങളെ നിങ്ങളിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും നിങ്ങളെ ശുദ്ധീകരിക്കാനും മാത്രമേ അള്ളാഹു സുബഹാനഹൂവത്ത ആല ഉദ്ദേശിക്കുന്നുള്ളൂ